േ ശാത്തപാവനം അചിന്യ വൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കലം മഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭി വ്യോമവ്യാപ്തേഹിമൂർത്തമം പാർയ പ്രതിബോധിതായണേന मध्ये വ്യാസന ഗ്രഥിതം भगवतीं മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യംബനുസാ भगवद्गीते नमोस्तुते व्यास ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാലുദ്ധേ ഫുല്ലപത്രേത്ര യാ ഭാരതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ്രപന്നിജാ തോത്രവേത്രൈകാണീ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനോപനിഷദോ ഗാവോ ദോ ഗോപാൽ നന്ദോ വത്സുധീർഭോക്തഗ്ധീതമൃതം മഹത് വസുതേ വസുതംസാണൂരമർദന ദീപരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരികൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുവ്യൈ സ്തൈ വേദസമോപനിഷദൈർ ഗായഗാഹ ദ്ഗ്യം യോഗിനോ യം നദുസുരാഗണ നമ ഗീതയുടേ പരമലക്ഷ്യം മുക്തിയാണ് മുക്തി എന്നുവെച്ചാൽ ആത്മജ്ഞാനം എന്നാണ് വേദാന്തത്തിന്റെ നിർവചനം നമ്മൾ മുക്തി എന്ന് പറയുമ്പോൾ നേടിയെടുക്കേണ്ട ഒരവസ്ഥയാണെന്നും അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടേണ്ട ഒരവസ്ഥയാണെന്നും നമ്മൾക്ക് ലോകപരിചയം വെച്ചുകൊണ്ട് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട് അവസാന ആവുമ്പോ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുമ്പോൾ ഈശ്വര അനുഗ്രഹം ഉണ്ടാവുമ്പോ ഒരാൾക്ക് അദ്വൈതജ്ഞാനത്തിൽ വാസന ഉണ്ടാവും ഈശ്വര അനുഗ്രഹാദേവ് പുംസാം അദ്വൈതവാസന മഹദ്ഭയ പരിത്രാണാത് വിപ്രാണാ ഉപജായവുംദ്വൈത അദ്വൈതവാസനയാണെന്നാണ് അതൊരു അതെങ്ങനെ വാസനയായി എന്നുവെച്ചാൽ അദ്വൈതജ്ഞാനത്തിന്റെ സംസ്കാരം സത്സംഗം കൊണ്ട് ഉണ്ടായി ശ്രദ്ധാമയ ശരീരം ഉണ്ടായി എന്നല്ല പറഞ്ഞ പോലെ അപ്പോ അദ്വൈതജ്ഞാനത്തിൽ ഒരു രുചിയുണ്ടായി ഈശ്വര അനുഗ്രഹാദേവ ുംസാം അദ്വൈതവാസന ഈശ്വര അനുഗ്രഹം ഉണ്ടാവുമ്പോൾ വേദാന്ത വിചാരം ചെയ്യാനുള്ള ഒരു അഭിരുചി ആത്മാ എന്നുള്ള പദം കേൾക്കുമ്പോൾ തന്നെ ധ്യാനം ഉണ്ടാവും ആത്മജ്ഞാനം എന്നുള്ള വാക്ക് തന്നെ ഉള്ളില് അതിനകത്ത് അതിനോടൊരു അഭിനിവേശത്തിന് ഉണ്ടാക്കും അങ്ങനെ വേദാന്തത്തില് ഒരു അഭിരുചി ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രവണം ചെയ്യണു കേൾക്കണു ശ്രോതവ്യ മന്തവ്യ നിതിധ്യാസിതവ്യ വീണ്ടും വീണ്ടും വീണ്ടും ശ്രവിക്കുകയാണ് അങ്ങനെ അനേക കാലം ശ്രവണം ചെയ്ത് പതുക്കെ തെളിവ് വരുമ്പോൾ നമുക്കറിയും മുക്തി ഹി ആത്മൈവ് എന്ന് പറയണത് ആത്മാവിന് മറ്റൊരു പേരാണ് നമ്മളുടെ സ്വരൂപമാണ് മുക്തി ഞാൻ എന്ന് പറയുന്നത് നിത്യസ്വതന്ത്രമാണ് പക്ഷെ അറിയണില്ല അതിനെ ശരീരമാണെന്ന് ധരിച്ചു ഈ ദേഹമാണ് ഞാൻ എന്ന് ധരിച്ചു അപ്പൊ ആദ്യമായിട്ട് ഒരു ഗുരു പറഞ്ഞുകൊടുക്കണു ശ്രദ്ധ വരുമ്പോ ഇതൊക്കെ കേൾക്കാനുള്ള കാര്യമാണ് ശ്രദ്ധ ഗുരുവിനോട് വേദാന്ത ശാസ്ത്രത്തിൽ ചെന്നിരുന്ന് ശ്രദ്ധയോട് കേൾക്കുമ്പോ ആദ്യത്തെ പടി പറഞ്ഞു കൊടുത്തു അപ്പ നീ ശരീരമല്ല അത് തന്നെ ഒരു വലിയ ഒരു അറിവാണ് എന്താന്ന് വെച്ചാൽ ലോകത്തിൽ എവിടെയും കേൾക്കാത്ത ഒരു അറിവാണ് നീ ദേഹമല്ല നമ്മൾ ധരിച്ചിരിക്കുന്നത് നമ്മൾ ദേഹം മാത്രമാണെന്നാണ് കുറച്ചറിവ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു പ്രാണൻ എന്തോ ഉണ്ട് അതാണെന്ന് ധരിക്കും കുറച്ചുകൂടെ അറിവ് വരുമ്പോ മനസ്സ് ഒന്നുണ്ട് ദേഹം പ്രാണമപീന്ദ്രിയണ്ണി ചലാം ബുദ്ധിം ചൂന്യം വിദു സ്ത്രീബാലാന്തജോപമാ അഹമിതി ഭ്രാന്തൃശംവാദി യാശക്തിവിസ കൽപ്പതമഹാവോഹ സംഹാരണീം തസ്മൈ ശ്രീഗുരുമൂർത്തമ ഇതം ശ്രീ ദക്ഷിണമൂർത്തേ ദക്ഷിണാമൂർത്തിയായ ഗുരു ദക്ഷിണാമൂർത്തി സംസ്കൃതത്തില് ദക്ഷിണ ദക്ഷിണം എന്ന് വച്ചാൽ തെക്കുന്നർത്ഥം മൂർത്തി ഒരു രൂപം അപ്പൊ ശരിക്ക് വ്യാകരണപ്രകാരം ദക്ഷിണമൂർത്തി എന്നാണ് പറയേണ്ടത് അങ്ങനെ ദക്ഷിണമൂർത്തി എന്ന് പറയണതിന് പകരം ദക്ഷിണാമൂർത്തി എന്നാണ് പറയണത് അങ്ങനെ വെച്ചാൽ എന്താ എന്ന് വെച്ചാൽ ദക്ഷിണാമൂർത്തി എന്നർത്ഥം ഒരു രൂപമല്ലാതെ ദക്ഷിണ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം ദക്ഷിണാശേമുഷി പ്രോക്ത ജ്ഞാനസ്വരൂപനായ മൂർത്തി ഭഗവാൻ ഗുരു ആയിട്ട് ഈശ്വരൻ ശിവൻ ദക്ഷിണാമൂർത്തിയായി അനുഗ്രഹം ചെയ്തു അനുഗ്രഹം ചെയ്തപ്പോൾ എന്തായി സത്യം പ്രകാശിക്കുന്നു പല തെറ്റിദ്ധാരണകളും നീ എന്തൊക്കെ തെറ്റിദ്ധാരണയാണ് ഉള്ളത് എന്ന് വെച്ചാൽ ദേഹം പ്രാണം ഇനി കുറച്ച് തമിഴിൽ ഇടയ്ക്കിടയ്ക്ക് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ എവിടെ പറയുന്നെനിക്കറിഞ്ഞു ഇങ്ങനെയാ പറയാം ച ശൂന്യം വിദുഹു ചിലര് ദേഹത്തിന് ആത്മാ എന്ന് ധരിക്കും ദേഹം തന്നെ ഞാൻ ശരീരം തന്നെ ഞാൻ എന്ന് ധരിക്കും ദേഹാത്മാവാദികൾ എന്ന് പേര് അധികം ആ കെട്ടറിപ്പെട്ടവരാണ് പെരും എല്ലാരുമേ ദേഹാത്മവാദികളെ നനച്ചു ഒന്നുമേൻ പെർസെന്റ് കേട്ട ദേഹാത്മവാദം ആത്മ ജ്ഞാനത്തു മുതൽ അതൊന്നും നാസ്തകമില്ലൊരു ഫിലോസഫർ അയാൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ശരീരത്തിനെ നല്ലവണ്ണം നോക്കിക്കൂടാ സമയത്തിന് ഊണ് കഴിക്കണം എക്സസൈസ് ചെയ്യണം ഉണ്ണാനില്ലെങ്കിൽ ലോൺ എടുത്ത് സുഖമായിട്ട് ഊണ് കഴിക്കൂ തിരിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല ഋണം കൃത്വ ഘൃതം പി എന്താന്ന് വെച്ചാൽ ജീവിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് ബാങ്കുകാരുടെ അടുത്ത് പണമുണ്ടോ ലോണെടുത്തിട്ട് ഊണ് കഴിച്ചോളൂ കുഴപ്പമില്ല എന്ന് ഇത് ചാറുവാകന്റെ ഫിലോസഫിയാണ് അയാളെ നാസ്തികനാണെന്ന ആളുകൾ ധരിക്കും നാസ്തികനല്ല അയാൾ ഫസ്റ്റ് സ്റ്റെപ്പ് ശരിയാക്കുന്ന ആളാണ് ഈ ശരീരത്തിന് നമ്മൾ ചാറുവാകനെയും കടന്നു പോയിരിക്കണു ശരീരത്തിനെ നോക്കാൻ നേരെ സമയത്തിന് ഊണ് കഴിക്കണില്ല സമയത്തിന് ഉറങ്ങണില്ല സമയത്തിന് അനുഷ്ഠാനങ്ങളില്ല ഡിസിപ്ലിൻ ഇല്ല രാത്രി ഒരാഴ്ച രാത്രി ഉണർന്നിരിക്കും അടുത്ത ആഴ്ച പകൽ ഉണർത്തിരിക്കും ഐ ടി കമ്പനിക്കാരുടെ കാര്യമാണ് പറയണത് ീശ്വരൻ പല വിധത്തിൽ അവതരിക്കുന്ന പോലെ ഈ കാലത്തിൽ ഐ ടി ഇൻഡസ്ട്രി ആയിട്ട് അവതരിച്ചിരിക്കാണ് എന്തിനാണെന്ന് വെച്ചാൽ അറുപത് എഴുപത് വയസ്സായിട്ടും അച്ഛന് വൈരാഗ്യം വന്നില്ലേ ആ മകന് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും വൈരാഗ്യം വന്നു എല്ലാം പിഴിഞ്ഞെടുത്ത് മതി ഇനി ഞാൻ ഒരു പണിയെടുക്കില്ലാന്ന് പറഞ്ഞ് പല ആളുകളും പുറത്തു വന്നു നല്ല അനുഗ്രഹം ചാർഭാഗം ശരീരാത്മാവാദിയാണ് അപ്പൊ കുറച്ച് ചിന്തിക്കുമ്പോൾ ഈ ശരീരം ഞാനാണോ ദേഹം ഞാനാണോ ദേഹം പരിണമിച്ചുകൊണ്ടേയിരിക്കണു ജായത്തെ അസ്ഥി വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യത്തെ ഗർഭത്തിലൊരു ഫാമിലുണ്ടായിരുന്നു പുറത്തു വന്നു വളർന്നു പരിണമിച്ചു വാസ്തവത്തിൽ ദേഹം അനാത്മാവാണ് ദേഹവും ഈ ലോകവും ഒരു വ്യത്യാസവും ലോകം നമുക്ക് എന്തറിയാം ഈ മുമ്പിലുള്ള കുറെ കാര്യങ്ങൾ അറിയാം അത്രയേ ഉള്ളൂ ലോകം അതിൽ കൂടുതൽ ലോകം നമുക്കിപ്പോ കാണാൻ വയ്യ ദേഹമോ അതുപോലെ എന്തറിയാം നമ്മുടെ കയ്യേകാല് നമ്മളുടെ മൂക്ക് തന്നെ നമുക്ക് കാണാൻ വയ്യ കണ്ണ് കാണാൻ വയ്യ പുറം കാണാൻ വയ്യ നമുക്ക് ജൂപ്പിറ്റർ കാണാൻ പറ്റില്ല സാറ്റേൺ ശനിയോ ബൃഹസ്പതിയോ ഒന്നും കാണാൻ പറ്റില്ല അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള ലിവറും നമ്മൾ കണ്ടിട്ടില്ല കിഡ്നിയും കണ്ടിട്ടില്ല ഹാർട്ടും കണ്ടിട്ടില്ല ഏയ് അതൊക്കെ ടെലസ്കോപ്പ് വെച്ച് പറയ ഉള്ളിൽ ബൈനാക്കുലർ വെച്ച് എന്താ എന്താ അതിന് പറയാം മൈക്രോസ്കോപ്പോ എന്തോ വെച്ച് പറയില്ലേ അതുപോലെ പുറത്ത് ടെലിസ്കോപ്പ് വെച്ച് ഇതൊക്കെ ഉണ്ട് പറയുന്ന പോലെ ഉള്ളിലും ചില ഇൻസ്ട്രുമെന്റ് കൊണ്ട് ഈ ഉപകരണങ്ങൾ അന്ധഃകരണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണു ഇതൊക്കെ എങ്ങനെ അജ്ഞാതമോ അതുപോലെ ശരീരം തന്നെ നമുക്കൊരു അജ്ഞാതമായ ഒരു ലോകാണ് ഓരോ ദിവസവും സയൻസിന് ന്യൂ ഡിസ്കവറിയാണ് ശരീരത്തില് അസ്ട്രോണമിക്ക് ന്യൂ ഡിസ്കവറിയാണ് സ്പേസിൽ അനോട്ടോമിയില് ന്യൂ ഡിസ്കവറീസാണ് അവർക്ക് രണ്ടുപേരും പുതിയതായിട്ട് ഈ ഒരു ശരീരം ഒരു ലോകം ഇതൊരു ലോകം രണ്ടും അജ്ഞാതമാണ് അറിയപ്പെടുന്ന വിഷയങ്ങളാണ് ഓബ്ജക്റ്റീവ് നോളജാണ് വിഷയജ്ഞാനം പക്ഷെ ഈ ദേഹത്തിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊക്കെ ഒരു അനുഭവമുണ്ട് ഞാനുണ്ട് എന്നൊരനുഭവം അത് ശരിക്കും എവിടെയാ ഈ ദേഹത്തിലാണോ എന്ന് വെച്ചാൽ അന്വേഷിച്ച് നോക്കുമ്പോൾ ആശ്ചര്യം തോന്നും ദേഹത്തിലേത് പാർട്ടാണ് ഈ ഞാൻ എന്ന് പറയണത് അതും നമുക്ക് സയൻസ് പറഞ്ഞു തരണു ദേഹത്തിൽ ഒരു പാർട്ടും ഞാൻ എന്ന് പറയണില്ല എന്നുള്ളതാണ് തീരുമാനം എന്താന്ന് വെച്ചാൽ ഏത് പാർട്ടും മാറ്റിക്കളയാണ് ഇപ്പോ ശരീരത്തിലുള്ള ഏത് അംഗമും അവർ മാറ്റി വേറെ വെക്കുന്നു ഞാൻ എന്നുള്ളത് സ്വതന്ത്രമായിട്ട് നിൽക്കുന്നു അതിനിതൊന്നും സംബന്ധമേയില്ല അതൊന്നും മാറണേയില്ല അപ്പോ ഈ ദേഹം ഞാൻ അല്ല കൈ മുറിച്ചാലും ഞാനുണ്ട് കാല് വെട്ടിയെടുത്താലും ഞാനുണ്ട് ഏത് അംഗങ്ങളെടുത്തു മാറ്റിയാലും ഞാൻ എന്നുള്ള അനുഭവം മാറാതിരിക്കുന്നു ഇത് ഒരു അനാലിസിസ് നമ്മളുടെ അനുഭവം എങ്ങനെയാ ഇത്രകാലം ശരീരം എത്രയോ പരിണമിച്ചു ശരീരത്തിൽ നമ്മൾ ഇരിക്കുമ്പോ മുമ്പത്തെ പോലെ എനിക്കിപ്പോ ശക്തി ഇല്ല കേട്ടോ എന്ന് പറയേണ്ടത് നമ്മള് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പ് നല്ല ബല ഉണ്ടായിരുന്നു ഇപ്പൊ ഓടാനൊന്നും വയ്യ എണീക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ ഇതൊക്കെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പറയണു നേരെ മറിച്ച് ശരീരം പരിണമിക്കുമ്പോഴും മാറാതെ ഇരിക്കുന്ന അവബോധം സത്ത് ഗീതയില് നമ്മൾ പറഞ്ഞല്ലോ വിദ്യതേ സത്തോ വിദ്യതെ ഭാവോ വിദ്യ രണ്ടും നമ്മൾ തന്നെ കാണുന്നുണ്ട് ഈ ശരീരാദികളെ അഭാവമും അഭാവത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു ഡെത്ത് മരണം വേറെ ഒരു വശത്ത് ഞാനുണ്ട് എന്നൊരു അനുഭവം ഇതാണ് മന്ത്രം ഇതുകൊണ്ട് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ജന്മജന്മാന്തരങ്ങളിൽ തപസ് ചെയ്താലും ഒന്നും ഗ്രഹിക്കാൻ പറ്റില്ല കാരണം ഇത്രയേ ഉള്ളൂ സർവവേദാന്തവും ശങ്കരാചാര്യന് ബ്രഹ്മസൂത്ര ഭാഷയിൽ തുടങ്ങുമ്പോൾ പറഞ്ഞു ഇവിടെ സമാപിച്ചു എന്നാണ് അഹമസ്മി എന്നൊരു അനുഭവം ഞാൻ എന്ന് കണ്ണുമൂടിയിരുന്നാൽ ഞാൻ ഉണ്ട് എന്നൊരു അനുഭവം ഉണ്ട് കോൺഷ്യസ്നെസ് അത് ദേഹത്തിൽ ഒരു പാർട്ടുമല്ല ഇതാണ് ഒരു ഒരു വലിയ ഇൻസൈറ്റ് നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ ഇത് മതി ഈ ഞാൻ എന്ന് കണ്ണു മൂടിക്കഴിയുമ്പോ ഉണ്ട് എന്നൊരു അനുഭവം ഉണ്ടല്ലോ അത് ശരീരത്തിലെ ഹാർട്ടാണോ ലിവറാണോ അത് കിഡ്നി ആണോ അത് റെസ്പിറേറ്ററി സിസ്റ്റം ആണോ അത് ബ്രെയിൻ ആണോ ഇതൊന്നുമല്ല ഇത് എന്നൊക്കെ വ്യതിരിക്തമായി ഒരു സ്വബോധം ഉണ്ട് സ്വയം പ്രകാശമാണത് അതിനെ പ്രകാശിപ്പിക്കാൻ ഇന്ദ്രിയങ്ങളൊന്നും വേണ്ട അത് താനേ താനായി തന്റെ ഇരിപ്പിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് അകത്തിരിക്കണം അതിനെ കാണാനുള്ള കണ്ണാണ് തെളിഞ്ഞ കണ്ണാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയണത് ശ്രദ്ധ തെളിവാകുമ്പോ ഈ അവനവന്റെ ഇരുപ്പിനെ കണ്ട് വിസ്മയിക്കും പുറത്തെന്തൊക്കെയോ കണ്ട് നമ്മൾ വിസ്മയിക്കണില്ലേ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ട് നമ്മൾ വിസ്മയിക്കണു പക്ഷെ ഏറ്റവും വലിയ വിസ്മയം ഈശ്വരനാണ് ഭാഗവതം പറഞ്ഞു സർവാശ്ചര്യമയഹാനം ഭഗവാൻ ആരാണെന്ന് വെച്ചാൽ ഭഗവാൻ സർവാശ്ചര്യമയനാണ് എല്ലാ ആശ്ചര്യങ്ങളും എല്ലാ വിസ്മയങ്ങളും ഭഗവാനാണ് സ്വാമി രാമതീർത്തടുത്ത് അമേരിക്കയിലെ വെച്ച് കുറെ ആളുകൾ ചോദിച്ചു നിങ്ങളുടെ ദൈവം സ്ത്രീയാണോ പുരുഷനാണോ ഈസ് ഹി എ മിസ്റ്റർ ഓർ മിസ് ഓർ മിസ് അപ്പൊ രാമതീർത്ഥ സ്വാമി പറഞ്ഞു ഗാഡ് ഈസ് നൈദർ മിസ്റ്റർ മിസ് ഹിസ് എ മിസ്റ്ററി വിസ്മയം സർവാശ്ചര്യമയ എന്താ മിസ്റ്ററി എന്ന് വെച്ചാൽ എനിത്തിങ് ദാറ്റ് മൈൻഡ് കെ നോട്ട് കംപ്ലീറ്റ്ലി കോംപ്രഹെൻഡ് മനസ്സുകൊണ്ട് പിടിക്കാവുന്ന സാധനം അല്ലാതെ മനസ്സിന്റെ മൂലസ്ഥാനാണ് അത് നമുക്ക് നിത്യസിദ്ധമാണ് അത് ശരീരമാണോ അല്ല പ്രാണനാണോ അല്ല മനസ്സാണോ അല്ല ബുദ്ധിയാണോ അല്ല എല്ലാം തള്ളികളയുമ്പോൾ ബൗദ്ധന്മാരെ പോലെ ശൂന്യം വിധുഹു ഒന്നുമില്ല ശൂന്യമാണ് അതൊരു അവസാനമായിട്ട് ചെന്ന് പെടാവുന്ന ഒരു ട്രാപ്പാണ് ശൂന്യം അപ്പൊ ആ ശൂന്യത്തിനെ ആരാ അറിയണത് ശൂന്യത്തിനെ അറിയുന്നവനാർ ഞാൻ പറയണു അത് ശൂന്യമാണ് ഈ ശൂന്യത്തിനെ അറിയുന്ന ഞാനാരാ ഈ ശൂന്യം സ്വയമേവ അറിയോ ഇയാള് സൗഗതൻ പറഞ്ഞു ശൂന്യം സ്വയമേവ അറിയും എന്ന് പറഞ്ഞു സ്വയമേവ അറിയണത് എങ്ങനെ ശൂന്യമാവും അറിവ് ശൂന്യമാവോ പ്രജ്ഞാനം ശൂന്യമാവുമോ ബോധം എങ്ങനെ ശൂന്യമാവും അല്ലല്ല ഞങ്ങൾ അതിനെ ശൂന്യെന്ന് നിങ്ങൾ ശൂന്യം എന്ന് പറഞ്ഞോളൂ ഞങ്ങൾ പൂർണ്ണമെന്ന് പറയാം കേൾക്കാൻ പേതാ സുഖം കേൾക്കുമ്പോൾ ഒരു ആനന്ദം വേണ്ട ഒരു പദം കേൾക്കുമ്പോൾ ആനന്ദം എന്നും പറയാം ശോകം എന്നും പറയാം എന്താ വേണ്ട ബൗദ്ധൻ പറഞ്ഞു ഇവിടെ ഒക്കെ ശോകമാണ് ഒക്കെ നശ്വരമാണ് ഒരു ആസ്പെക്ട് എല്ലാം ശോകാണ് നശ്വരമാണ് ശ്രുതി പറഞ്ഞു ആനന്ദോ ബ്രഹ്മേ ദിവ്യജാനാത് ആനന്ദമാണ് ബ്രഹ്മം ആനന്ദത്തിലാണ് എല്ലാം ഉദ്ഭവിക്കണത് ആനന്ദത്തിൽ നിൽക്കണു ആനന്ദത്തിൽ ലയിക്കണ ആനന്ദമാണ് ആത്മസ്വരൂപം ആനന്ദമാണ് ഭഗവത് സ്വരൂപം കേൾക്കാൻ തന്നെ ഒരു സുഖമുണ്ട് ഫുൾഫിൽമെന്റ് ആണ് കംപ്ലീഷൻ പൂർണത്വം അപ്പൊ ആ എന്നുള്ളതുമല്ല ചിന്മാത്രമായ വസ്തു ജാഗ്രത് സ്വപ്നം സുഷുപ്തി യാതൊരവസ്ഥകളിലും മാറാതെ നിൽക്കുന്ന ചിത്ത് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഒക്കെ മാറിയിട്ടും ഞാൻ ഉണ്ട് എന്നൊരു അനുഭവം ഈ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ട് ധ്യാനിക്കുമ്പോ ജപിക്കുമ്പോ ഏകാന്തമായിട്ട് ഇരിക്കുമ്പോ തനീയൊന്ന് ഉള്ളിലെങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കുക ഒന്ന് അനുസന്ധാനം ചെയ്തു നോക്കുക എന്താണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇരിപ്പ് ഉത്തരം കിട്ടണവരെ വിടരുത് വെറുതെ ഉത്തരം ഒന്ന് നിങ്ങളായിട്ട് ഗീത ക്ലാസ്സിൽ പോയി അറ്റൻഡ് ചെയ്ത് ഉത്തരം ഒന്ന് ഉള്ളു കൊടുക്കാൻ പാടില്ല ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആത്മാവാണ് അറിയാം നോക്ക് ഈ തലയിൽ നിന്ന് ഹൃദയസ്ഥാനത്തിലേക്ക് വരണം ഉത്തരം അനുഭവമായിട്ട് വരണവരെ ഈ ചോദ്യം ഉള്ളിൽ വെക്കുക എന്താണ് ഈ ഉണ്ട് എന്നുള്ള അനുഭവം വെളിയിൽ ഒരു ശവത്തിനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിന്റെ ഉള്ളിൽ ഒരാൾ ഉണ്ടായിരുന്നു ഇപ്പൊ കാണാനില്ലല്ലോ ഇപ്പ അത് എടുത്തു കൊണ്ടുപോയി കത്തിച്ചാൽ കത്തിച്ചു കളഞ്ഞു ശ്മശാനത്തില് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ശവത്തിനെ വെച്ചുകൊണ്ട് എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നുണ്ട് ആരാധനകളൊക്കെ ചെയ്യുന്നുണ്ട് അതിന് വലതും അറിയോ വായിൽ അരിയിട്ട് കൊടുക്കണു പൂജ ചെയ്യണു ചാന്തോഗ്യ ഉപനിഷത്ത് പറഞ്ഞു അസുരനായ വിരോചനുണ്ടാക്കിയത് അത്രേ ഇതൊക്കെ എന്താന്ന് വെച്ച മരിച്ച് ആ ശരീരമാണ് ആത്മാ എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവസാനാവുമ്പോ അതിനെ ഗംഭീരമായിട്ട് തമിഴ്നാട്ടിലൊക്കെ ഇപ്പോ ജീ കല്യാണമാണോ സംസ്കാരമാണോന്ന് രണ്ടും ഒരേപോലെ ഉണ്ടാവും സൂക്ഷിച്ചു നോക്കിയാലേ അറിയുള്ളു രണ്ടും ഇരുന്നിട്ടാണോ പോവുക തമിഴ്ലെ നെ ഇടത്തുള്ള പാകലാം നല്ല അഴകാന ഹംസ യാനത്തിലെല്ലാം പോവാ മാപ്പിള ഇഴപ്പ് തന്നെ നെച്ചാ ഒക്കെ അത് പാത്തു ജാഗ്രതയും അത് വന്ന് സാമി ഇല്ലേ ആസാമീ ശരാചാര്യർ പറഞ്ഞു പറയാം നമ്മൾ ഒക്കെ അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം ഏ പ്രജാമിഷിരേ ശ്മാനിരേ സംസാരത്തിൽ മുഴുകിയവൻ നേരെ ശ്മശാനത്തേക്ക് തന്നെയാണ് പോണത്തെ സംസാരത്തിൽ മുങ്ങിപ്പോയവന് അവന് മുമ്പില് എന്താ ഉള്ളത് അയാളുടെ ഗോൾ ലക്ഷ്യം ശ്മശാനം തന്നെ പക്ഷെ ഈശ്വരൻ കരുണ കൊണ്ട് എന്ത് ചെയ്തു ഇവനെ രക്ഷിക്കാൻ ശ്മശാനത്തിൽ പോയിരുന്നു ശിവൻ ഇവൻ എപ്പോ വന്ന ആകണമേ ഒരു ഇടം അതായത് ശ്മശാനത്തിലേ പോയി സ്വാമി ഉടന ശ്മശാന ആക്രീഡര പിതാഭസ്മാലേ പോകി നൃക്കോട്ടീ പരികര അമംഗലം ശീലം തവഭത്താമൈവമിലം താപി സ്മർത്താം വരദപരമം മംഗളമസി ശ്മശാനം നേരെ അപ്പോ ശരീരാത്മാദിക്ക് ശ്മശാനത്തോടെ കഴിഞ്ഞു ഈ ശരീരമാണോ ഞാൻ എങ്കിൽ ശ്മശാനത്തോടെ കഴിഞ്ഞു കഴിഞ്ഞു അതോടെ കഴിഞ്ഞു ഈ ശരീരം ഞാനല്ല ഇതിനപ്പുറം ഞാൻ എന്നൊരു അനുഭവമുണ്ട് ഒരു ബോധത്തിന്റെ വ്യക്തമായ അനുഭവം ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ മാറാതെ പിന്തുടർന്ന് നിൽക്കണുണ്ട് ഒക്കെ മാറുമ്പോഴും ഈ അനുഭവം മാത്രം മാറണില്ല പുറകെ എങ്ങനെ നിൽക്കണുണ്ട് ഞാനുണ്ട് എന്ന് അറിയുണ്ട് അല്ലേ ആ അറിവ് ഒരു അതാണ് സമാധി എന്താന്ന് വെച്ചാൽ അത് മാറിപ്പോകാത്ത പ്രജ്ഞാനമാണ് അതിനെ അറിഞ്ഞുകഴിഞ്ഞ ആൾക്ക് പതുക്കെ പതുക്കെ അതിലിരുന്നു പഴകുന്ന ആൾക്ക് അവസാനമാകുമ്പോൾ ഈ ശരീരത്തിന് വ്യാധിയും മരണവും എല്ലാവർക്കും വരും ജ്ഞാനിക്കും വരും അജ്ഞാനിക്കും വരും നമ്മളിപ്പോൾ ഗീത പഠിച്ചതുകൊണ്ട് ശരീരത്തിന് വ്യാധി വരാതിരിക്കയോ മരണം വരാതിരിക്കോ ഒന്നും ചെയ്യില്ല വിഷമങ്ങളൊക്കെ ജ്ഞാനിക്കും അജ്ഞാനിക്കും ഒരേപോലെയാണ് ജ്ഞാനിയാണെങ്കിൽ ഞാൻ ഒന്ന് നോക്കട്ടെ കൊതുക് കടിച്ചാൽ വേദനിക്കോ എന്ന് നോക്കട്ടെ വിശക്കുവോന്ന് നോക്കട്ടെ എന്നൊക്കെ അതൊക്കെ വിദണ്ടാവാദം ജ്ഞാനീ അണ്ണാച്ചുറൽ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല സാധാരണ മനുഷ്യനാണ് അയാള് സത്യം അറിഞ്ഞു ഉള്ളൂ സത്യം അറിഞ്ഞാൽ അറിവ് എന്തിനോ കൊടുത്തു യാഥാർത്ഥ്യജ്ഞാനത്തിനെ കൊടുത്തു അപ്പം താൻ ശരീരമല്ലെന്ന് അറിഞ്ഞു അറിഞ്ഞതുകൊണ്ടായോ ഇല്ല പതുക്കെ പതുക്കെ താൻ എന്താണെന്ന് അറിഞ്ഞു അതിൽ ഇരുന്ന് ഇരുന്ന് പഴകണു ശരീരത്തിനോടുള്ള പഴക്കം കാരണം വളരെ കാലമായിട്ട് നമ്മൾ വിട്ടാൽ അത് വിടില്ല ഇപ്പൊ ഒരു നായ ദിവസം ഭക്ഷണം കൊടുത്താൽ പുറകെ നടക്കും പിന്നെ കുറെ കാലം അതിനെ ഓടിച്ചു വിട്ടാൽ നമ്മളെ കണ്ടാൽ ഓടാൻ തുടങ്ങും അല്ലേ ഒക്കെ ഹാബിറ്റാണ് അതുപോലെ ഈ ശരീരം എന്ന് പറയുന്ന സാധനം എത്രയോ കാലമായി നമ്മൾ അതിനെ ലാളിച്ച് ലാളിച്ച് ലാളിച്ച് വളർത്തി അവസാന ആവുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് അതിനെ ഉപേക്ഷിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അത് നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും ആളുകള് എൺപത് ശതാഭിഷേകം കഴിഞ്ഞിട്ടും ഓരോരുത്തർ പറയുന്നത് ഓടാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് കാണാൻ വയ്യ കാത് കേക്കാൻ വയ്യ ബാക്കിയൊക്കെ ചെയ്യണുണ്ട് അവിടുന്ന് എന്നെ കണ്ടിട്ട് ഒരു ഒരു പാട്ടി തിരുവണ്ണാമിലെ പാട്ടി കേക്കൂരക്കേന്ന് എന്നെ പാത്ത നന്നാ തെറ്റുത് നിങ്ങ താനേ ആമ കണ്ണ് തരമാട്ടേങ്കിൽ എനിക്കേ തരി മാട്ടേങ്ക ദൂരത്തിൽ ശരീരം അത് വിട്ടു പോകും കവലയായിരിക്കും ലാസ്റ്റില മരണ ഭയം വരയ്ക്കും അപ്പിയും ചില പേർക്ക് മരണ ഇല്ല ചില പേർക്ക് പോണ തേവലും തോറും പ്രാർത്ഥന കൂട്ടി പോവില്ല ശിവല പോയി മഹാദേശി തോന്നിട്ടെ അപ് ശിവ പിന്നാലെ പോയി ഉണ്ടി ഉള്ളവാ അപിയേ കൈലാസത്ത് കൂട്ടി പോയിട്ട് അവളെ സ്പീഡ് പട്ടിക്ക് ഓടമോ അപ്പൊ ഞാൻ ദേഹം താൻ നാൻ അപേങ്ങോ അത് പ്രമയ വിളക്കി നാൻ ദേഹം അല്ല നാൻ മനസ്സല്ല നാം ബുദ്ധി അല്ല മനോ ബുദ്ധി അഹങ്കാര ചിത്താഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഗ്രാണ നേത്രേ ന ച വ്യോമ ഭൂമി നേജോ ന വായു ചിതാനന്ദ ശിവോഹം ശിവോ ഇന്ന് ചിതാനന്ദോഹംന്ന് നമ്മാ നമ്മൾ വായു കൊണ്ട് പറയാൻ പാടില്ല അത് നിങ്ങള് സാക്ഷാത്തായിട്ട് കാണണം അല്ലെങ്കിൽ എങ്ങനെ അറിയും ചിദാനന്ദ രൂപ ശിവം എന്ന് പറഞ്ഞാൽ അതെന്താ കേൾക്കുമ്പോൾ ശ്ലോകത്തിലൊരു സുഖമുണ്ട് ആ സുഖം വസ്തുവല്ലല്ലോ അത് നല്ലവണ്ണം പാടിക്കഴിഞ്ഞാൽ ആ ട്യൂണിലൊരു സുഖമുണ്ട് ചിലരൊക്കെ അത് ഉറക്കെ പാടി ഭാവം ആ ഭാവ ഭാവം ഒന്നും വാസ്തവല്ല ജ്ഞാനം വസ്തുതത്വജ്ഞാനം എന്ന് പറയുന്നത് കണ്ട് അറിയണം ഭാഗവതത്തിൽ അതാണ് പരീക്ഷിത്തിന് അവസാനം പറയണത് ഹേ പരീക്ഷിത് നീ നോക്കൂന്നാണ് ഈ ശരീരം നീയല്ല അഹം ബ്രഹ്മ പരം ദാമ ബ്രഹ്മാഹം പരമം പദം ഏപം സമീക്ഷൻ സമീക്ഷ എന്ന് സമ്യക് ഈക്ഷ ഈക്ഷണം വീക്ഷണം ദർശനം നിഷ്ഠ നീ കാണുക നീ കണ്ടറിയൂന്നാണ് അറിഞ്ഞ് അതായിട്ടിരിക്കൂ അല്ലാതെ കണ്ടു എന്നും അഭിമാനിച്ചാലൊന്നും പോരാ ഒരു മെഡിറ്റേഷൻ ചെയ്ത് ഒരു സുഖം തോന്നിയാൽ കിട്ടി എന്നൊക്കെ വിചാരിക്കുക എത്ര നേരത്തേക്ക് നിൽക്കും വാസ്തവമായ അനുഭൂതിജ്ഞാനും അനുഭൂതി എന്ന് പറഞ്ഞാൽ മാനസികമല്ല ശ്രവണം മനനീതിധ്യാസനം കൊണ്ട് താൻ ആത്മാവാണെന്നുള്ള തെളിവായ അപരോക്ഷ ആത്മാനുഭൂതി എന്തു പേര് പറഞ്ഞാലും ശരി അതിനും കുറച്ചു നേരത്തേക്ക് മെഡിറ്റേഷൻ കൊണ്ടുവരുന്ന സുഖത്തിനും ഒരുപാട് ദൂരുണ്ട് പല ആളുകളും ഈ ധ്യാനം ചെയ്യണ സുഖമാണ് അധ്യാത്മികതെന്നാണ് പതുക്കെ പതുക്കെ പതുക്കെ നമുക്ക് ദാർഡ്യം വീര്യത്തിനെ തരണം അങ്ങനെ തരുമ്പോ ആ ഞാൻ എന്ന് എന്താണ് എന്ന് ആരായുമ്പോൾ ഞാൻ എന്നുള്ളത് ഈ ശരീരാദികളൊന്നുമല്ല ശുദ്ധപ്രജ്ഞയാണ് ബോധമാണ് എന്ന് തെളിവാകും ആ അറിവ് മുക്തിയെ കൊടുക്കുമോ ഈ അറിവ് വന്നാൽ ഒരാൾക്ക് മുക്തി കിട്ടുമോ എന്ന് ചോദിച്ചാൽ മുക്തി കിട്ടണ്ട താൻ ബദ്ധനെ അല്ല എന്നറിയും തന്റെ സ്വരൂപം നിത്യമുക്തമാണെന്ന് അറിയണതിന്റെ ആനന്ദം അയാൾക്ക് ഉണ്ടാവും ഉള്ളൂ ശരിയായ അറിവ് ഋഷിയാവും അവൻ ഋഷിശ്ശകില ദർശനാത് ശരിയായ ഋഷി ബ്രഹ്മജ്ഞാനി ഋഷിയാണ് എന്താണ് ഋഷിത്വം എന്നുവെച്ചാൽ തന്റെ സ്വരൂപം എന്താണ് എന്നറിഞ്ഞു തനിക്ക് അതിൽ പിന്നെ ഭ്രമയേയില്ല നീ പിന്നെയും ഭരമിച്ചു പോകില്ലേ എന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകില്ല ഭാവന ചെയ്താൽ പോകും അതാണ് ധ്യാനത്തിനും ജ്ഞാനത്തിനും വ്യത്യാസം ജ്ഞാനം എന്ന് പറയണത് കാണലാണ് അറിഞ്ഞ അറിഞ്ഞതാണ് പിന്നെ പോക്കില്ല അനിച്ഛൻ അപ്പി വിമുച്യെന്നാണ് വേണ്ടെന്ന് വെച്ചാലും അവൻ മുക്തനായിട്ട് പോകും ഭാവന ചെയ്താൽ പോരാ അപ്പോ അങ്ങനെയുള്ള ജ്ഞാനം സമ്പാദിക്കാൻ ഇയാൾക്ക് വിവേകം വേണം വൈരാഗ്യം വേണം ശമം ദമം ഉപരതി ശ്രദ്ധാ സമാധാനം മുമുക്ഷത്വം ശ്രദ്ധാസമാധാനം ഇപ്പൊ ശ്രദ്ധാത്രയവിഭാഗയോഗം ഈ ശ്രദ്ധയുടെ പ്രയോജനം എന്താന്ന് വെച്ചാൽ സമാധാനം നിങ്ങൾ മലയാളത്തിലെ സമാധാനം പറഞ്ഞില്ലേ അത് ധരിച്ചാ മതി ഇപ്പൊ തമിഴ് നമ്മ സമാധാനമാക്കണം അപ്പിങ്ങോമോ ഇല്ലയോ സമാധാനം എന്നാ എതും നമ്മളെ ബാധിക്കലെ ശാന്തി എല്ലാ പ്രചനകളും മുടിഞ്ചു എടുക്ക മുടിയത് എന്താ പ്രാലും എന്നോട് ശാന്തി പോകാതെ ഭഗവാൻ അപ്പിതാ ശാന്തി ഗീതയിലെ കൊടുക്കുക ഏതൊരു നിലയിലെ നിന്നാൽ വിശാല്യത്തെ വിശാല്യത്തെ ശാന്തി അങ്ങോട്ട് ഒന്നും പോകില്ല ചിലപ്പോ ജ്ഞാനികളും പുറമേക്കൊക്കെ കരയും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ജ്ഞാനികളെ മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ് രാമൻ ഉറക്കെ കരയണു രാമായണത്തില് രാമൻ കരയണത് കണ്ട് സുഗ്രീവൻ പോലും മൂക്കത്ത് വരൽ വെക്കുകയാണ് ഞാൻ പോലും ഇങ്ങനെ കരയണില്ല ഒരു വാനരം ഈ രാമൻ സീതയെ പിരിഞ്ഞിട്ട് എന്തു നിലവിളിയാ നിലവിളിക്കണമെന്ന് എന്തു കരച്ചലാ കരണത് അത്ര കറിയാ രാമൻ അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അപ്പൊ രാമനെ പോലെ ഒരു സംസാരി ആരുമില്ല അപ്പൊ പുറമേക്ക് അങ്ങനെയൊക്കെ ആണെങ്കിലും അകമേക്ക് ആ സ്ഥിതി പോയില്ലേ അതെങ്ങനെ മനസ്സിലാവും അയാൾക്ക് അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ അത് വളരെ വിഷമം പിടിച്ച ചോദ്യ ജ്ഞാനികളെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്ന് വച്ചാൽ നമുക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മനസ്സിലാവും മുഖ്യമായൊരു ലക്ഷണം എന്താന്ന് വെച്ചാൽ ശാന്തി